ഹബക്കൂക്ക് അധ്യായം ഒന്ന് ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം യഹോവെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും നീ എന്നെ നീതി കേട്ട് പീഡനം വെറുതെ നോക്കുന്നതും എന്തിന് കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട് കലഹം നടക്കുന്നു ഷണ്ഠ ഉളവായി വരും അതുകൊണ്ട് ന്യായപ്രമാണം അഴിഞ്ഞിരിക്കുന്നു ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല വളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടുവരുന്നു ജാതികളുടെ ഇടയിൽ ദൃഷ്ടിവച്ച് നോക്കുവീൻ ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കേയില്ല ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽതയരെ ഉണർത്തും അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായിക്കളേക്കാൾ ഉഗ്രതയുമുള്ളവ അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു അവരുടെ കുതിരച്ചേവകർ ദൂരത്തുനിന്ന് വരുന്നു തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെപ്പോലെ അവർ പറന്നുവരുന്നു അവർ ഏവരും സംഹാരത്തിനായി വരുന്നു അവരുടെ മുഖം മുമ്പോട്ട് ബദ്ധപ്പെടുന്നു അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു ഏത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും അന്ന് അവൻ കാറ്റുപോലെ അടിച്ചുകടന്ന് തിക്രമിച്ച് കുറ്റക്കാരനായി തീരും സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം എന്റെ ദൈവമായ യഹോവേ നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ ഞങ്ങൾ മരിക്കയില്ല യഹോവേ നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു പാറയായുള്ളോവേ ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു ദോഷം കണ്ടുകൂടാതവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെപ്പോലെയും ആക്കുന്നതും എന്ത് അവൻ അവയൊക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു അവൻ വലകൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു കോരുവലയിൽ ചേർത്തുകൊള്ളുന്നു അതുകൊണ്ട് അവൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു അത് ഹേതുവായി അവൻ തന്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു കോരുവലയ്ക്ക് ധൂപം കാട്ടുന്നു അവയാലല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത് അതുനിമിത്തം അവൻ തന്റെ വല കുടഞ്ഞു ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ